യഹോവ പിന്നെയും മോശിയോടും അഹ്റോനോടും അരുളി ചെയ്തത് യഹോവ കൽപ്പിച്ച ന്യായപ്രമാണമെന്തെന്നാൽ കളങ്കവും ഊനമില്ലാത്തതും നുഖം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കലാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രയേൽ മക്കളോട് പറകാം നിങ്ങളതിനെ പുരോഹിതനായ എലയാസറിന്റെ പക്കൽ ഏൽപ്പിക്കണം അവനതിനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുകയും ഒരുവൻ അതിനെ അവന്റെ മുമ്പിൽ വെച്ച് അറുക്കയും വേണം പുരോഹിതനായ എലയാസർ വിരൽ കൊണ്ട് അതിന്റെ രക്തം കുറയെടുത്ത് സമാഗമന കൂടാരത്തിന്റെ മുൻഭാഗത്തിന് നേരെ ഏഴു പ്രാവശ്യം കളിക്കണം അതിന്റെ ശേഷം പശുക്കിടാവിനെ അവൻ കാണെ ചുട്ട് ഭസ്മീകരിക്കണം അതിന്റെ തോലും മാംസവും രക്തവും ചാണകവും കൂടെ ചുടേണം പിന്നെ പുരോഹിതൻ ദേവദാരു ഈ സോപ്പ് ചുവപ്പുനൂ എന്നിവയെടുത്ത് പശുക്കിടാവിനെ ചുടുന്ന തീയുടെ നടുവിൽ ഇടേണ്ട അനന്തരം പുരോഹിതൻ വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയ ശേഷം പാളയത്തിലേക്ക് വരികയും സന്ധ്യവരെ അശുദ്ധനായിരിക്കുകയും വേണം അതിനെ ചുട്ടവനും വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകുകയും സന്ധ്യവരെ അശുദ്ധനായിരിക്കുകയും വേണം പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ പശുക്കിടാവിന്റെ ഭസ്മം വാരി പാളയത്തിനു പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെക്കണം അത് ഇസ്രേൽ മക്കളുടെ സഭയ്ക്കു വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചുവെക്കണം അത് ഒരു പാപയാകാം പശുക്കിടാവിന്റെ ഭസ്മം വരിയവനും വസ്ത്രമലക്കി സന്ധ്യവരെ അശ്വതി ഇസ്രയേൽ മക്കൾക്കും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും ഇത് എന്നയ്ക്കുമുള്ള ചട്ടം ആയിരിക്കണം യാതൊരു മനുഷ്യന്റെയും ശവം തൊടുന്നവനവൻ ഏഴു ദിവസം അശുദ്ധനായിരിക്കണം അവൻ മൂന്നാം ദിവസവും ഏഴാം ദിവസവും ആ വെള്ളം കൊണ്ട് തന്നെത്താൻ ശുദ്ധീകരിക്കണം അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും എന്നാൽ മൂന്നാം ദിവസം തന്നെ ശുദ്ധീകരിക്കാഞ്ഞാൽ ഏഴാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകയില്ല മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ശവം ആരെങ്കിലും തൊട്ടിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാഞ്ഞാൽ അവൻ യഹോവയുടെ തിരുനിവാസത്തെ അശുദ്ധമാക്കുന്നു അവനെ ഇസ്രയേലിൽ നിന്ന് ഛേദിച്ചു കളയണം ശുദ്ധീകരണ ജലം കൊണ്ട് അവനെ തളിച്ചില്ല അവൻ അശുദ്ധൻ അവൻറെ അശുദ്ധി അവന്റെ മേൽ നിൽക്കുന്നു കുടാരത്തിൽ വച്ച് ഒരുത്തൻ മരിച്ചാലുള്ള ന്യായപ്രമാണം ആവിത് ആ കൂടാരത്തിൽ കടക്കുന്ന കൂടാരത്തിൽ ഇരിക്കുന്ന ഏവനും ദിവസം അശുദ്ധനായിരിക്കണം മൂടിക്കെട്ടാതെ തുറന്നിരിക്കുന്ന പാത്രമെല്ലാം ശുദ്ധമാകും വെളിയിൽ വച്ച് വാളാൽ കൊല്ലപ്പെട്ട ഒരുത്തനെയോ മരിച്ചുപോയ ഒരുത്തനെയോ മനുഷ്യന്റെ അസ്ഥിയെയോ ഒരു ശവക്കുഴിയെയോ തൊടുന്നവനല്ല ഏഴു ദിവസം അശുദ്ധനായിരിക്കണം അശുദ്ധനായിത്തീരുന്നവനു വേണ്ടി പാവയാഗം ചുട്ട ഭസ്മെടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഉറവുവെള്ളം ഒഴിക്കണം പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ ഈ സോപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി കൂടാരത്തെയും സകലപാത്രങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും അസ്ഥിയേയോ കൊല്ലപ്പെട്ട ഒരുത്തനെയോ മരിച്ചുപോയ ഒരുത്തനെയോ ഒരു ശവക്കുഴിയെയോ തൊട്ടവനെയും തളിക്കുകയാണ് ശുദ്ധിയുള്ളവൻ അശുദ്ധനായി തീർന്നവനെ മൂന്നാം ദിവസവും ഏഴാം ദിവസവും തളിക്കണം ഏഴാം ദിവസം അവൻ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രമലക്കി വെള്ളത്തിൽ തന്നെത്താൻ കഴുകണം സന്ധിക്ക് അവൻ ശുദ്ധിയുള്ളവനാകും എന്നാൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാഞ്ഞാൽ അവനെ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം അവൻ യഹോവയുടെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി ശുദ്ധീകരണ കൊണ്ട് അവനെ തളിച്ചില്ല അവൻ അശുദ്ധൻ ഇത് അവർക്ക് എന്നയ്ക്കുമുള്ള ചട്ടം ആയിരിക്കണം ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ വസ്ത്രം അലക്കണം ശുദ്ധീകരണ ജലം തൊടുന്നവനും സന്ധ്യവരെ അശുദ്ധൻ ആയിരിക്കണം അശുദ്ധൻ തൊടുന്നതെല്ലാം അശുദ്ധമാകും അത് തൊടുന്നവനും സന്ധ്യവരെ അശുദ്ധനായിരിക്കണം